نحمده و نصعده و نحره و نتوكره عليك و نعوذ بالله من صغور أنفسنا و من سيئات أعمالنا من يهديه الله فلاهو إلا لا و من يضل فلاهاتي لا وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده رسول يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده واهداكم الى ذلك والام الى ذلك وَخَلَقَ مِنْهَا زَوْجَهَا وَفَثَمَّ مِنْهُ مَارِجًا كَفَيَّ رَبُّهُ سَاءَ وَاتَّقَى النَّبِيُّ تَسَاءَلُونَ بِهِ وَالنُّوحَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا يُسْلِمُ لَكُمْ مَن آمَنَ وَلَكُمُ الرَّسُولُ وَرُوحُهُ مَا يُطِيعُ إِلَّا اللَّهَ رَسُولَهُ فَخَافَ فَوزًا عَهْمَا لاَ بَحَدٌ فِيهِ أَحْسَنُ الْحَدِيثِ كِتَابُ اللَّهِ وَأَحْسَنُ الْحَدِيثِ هَذِهِ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ سَمَ الَّذِي مُنْذُ ذَاتِهَا كُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ മരണമെന്ന സത്യത്തെ സംബന്ധിച്ചും അതിനുവേണ്ടി നാം ഒരുങ്ങേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചു ആണെങ്കിലും കഴിഞ്ഞ സംസാരത്തിലൂടെ കേട്ടത് എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത് ഏത് രൂപത്തിലാണ് അതിനുവേണ്ടി നാം സജ്ജീകരണങ്ങൾ നിർവഹിക്കേണ്ടത് ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് ചെയ്തു തീർക്കാവുന്ന സകല നന്മകളും നാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സകല തിന്മകളും എന്ത് എന്ന് ഒരു പ്രസംഗം നിർവഹിച്ചു പോവുകയല്ല ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുകയല്ല പകരം സ്വ ജീവിതം കൊണ്ട് കാണിച്ചു നമുക്ക് മാതൃകയായി നല്ല ഒരു മാതൃക ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ മുമ്പിലിരിക്കുന്ന സ്വഭാവികൾക്ക് താൻ പഠിച്ച കാര്യങ്ങൾ പകർന്നു നൽകുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിർവഹിച്ച് സത്യസന്ധമായി കച്ചവടം നിർവഹിക്കുന്ന കച്ചവടക്കാരൻ എന്ന നിലയിൽ വേളയിൽ തന്റെ സഹ അനുചരന്മാരോടൊപ്പം വയറിൽ കല്ല് കെട്ടി കിടന്നു കീർന്ന ഒരു നേതാവ് എന്ന നിലയിൽ രണ്ടാം കണ മുമ്പിൽ അവർക്ക് നേതൃത്വം വഹിക്കുന്ന സൈന്യധിപൻ എന്ന നിലയിൽ ഹസൻ ഹുസൈൻ നോക്കിയ എന്നിവരെ കളിപ്പിക്കുന്ന ഒരു വല്ലിപ്പ എന്ന നിലയിൽ ആഴ്ചയുടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ അങ്ങനെ ഏത് രംഗമെടുത്തും പരിശോധിച്ചു നോക്കിയാലും ആ പാചക ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് ആഗ്രഹിക്കുകയും അന്ത്യദിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉപദേഹീറ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന ആളുകൾ ഏത് മേഖലയിലും അവനായ വിദ്യാർത്ഥിയോ അധ്യാപകനോ രക്ഷിതാവോ മകനോ മകളോ ആരുമാവട്ടെ ജീവിതത്തിന്റെ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാം ആ പ്രവാചകാലം നമുക്ക് മാതൃ കാണിച്ചു തന്നിട്ടുണ്ട് ആ മാതരം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഏത് സമയത്തും നമ്മെ പിടിപെട്ടേക്കാവുന്ന മരണമെന്ന കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനുള്ള മരണാനന്തര ലോകത്തിന്റെ ലക്ഷ്യത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം അതുകൊണ്ട് ആ പ്രവാചന എങ്ങനെയാണ് നാം മാതൃകയാക്കേണ്ടത്യകളും എല്ലാം പറഞ്ഞു നിങ്ങൾ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ എന്നെ പിൻപറ്റണം അഥവാ കേവലം സ്നേഹിക്കുക അത് പല ആളുകളും സ്നേഹിച്ചിട്ടുണ്ട് പ്രമാദ് സംരക്ഷണം പ്രമാലൈ വസ്ലമയുടെ പിതൃ സഹോദരന്മാർ സംരക്ഷണം നൽകിയിട്ടുണ്ട് സ്നേഹം കൊണ്ടാണ് കുടുംബം എന്ന നിലയിലുള്ള സ്നേഹമാണ് ആദർശപരമായ സ്നേഹമായിരുന്നില്ല അത് അപ്പൊ ഇത്തി ഏറ്റവും സുപ്രധാനമായ സ്നേഹത്തിന്റെ ലക്ഷണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുന്നുാഹു അപ്പൊ അലിസ്ല കാണിച്ചു മാതൃക നമുക്ക് വിട്ടേച്ചു തന്ന് കേവലം പറഞ്ഞു പോകുകയില്ല എഴുതി വെച്ച് രേഖപ്പെടുത്തി കടന്നു പോവുകയില്ല ജീവിച്ചു കാണിച്ചു തന്നു പ്രവാചകൻ എന്നാൽ പറഞ്ഞു എന്റെ കാലശേഷം ഒരു ജനത അത് ജീവിച്ചു കാണിച്ചു മാതൃകയായി നമുക്ക് പഠിപ്പിച്ചതെന്ന് അത് വിട്ടേച്ചു പോയി രേഖപ്പെടുത്തപ്പെട്ട് ഇവിടെ നിലവിലുണ്ടായിരിക്കെ അതിനെ എല്ലാം മാറ്റി വെച്ച് അതിനെ മുഴുവൻ തിരസ്കരിച്ച് അതിലില്ലാത്ത അതിൽ പറയാത്ത അതിൽ പഠിപ്പിക്കാത്ത പ്രവാചകന്മാർ ആചാരങ്ങളും ചടങ്ങുകളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഏതുപോലെ നിങ്ങളുടെ മുൻഗാമികൾ ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായം പോലെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പോലെ അവർ എന്തൊക്കെ ചെയ്തുവോ അത് ചാണിത് മുഴത്തിന്തുടരുന്ന ഒരു ഘട്ടം അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ തലയില്ലാതെ അവരും അതുപോലെ എന്തൊക്കെ ഒരു അവിടെ നിന്ന് കാര്യം എന്ന് വിചാരിച്ച് ഈ മുസ്ലിം മത്തും അവിടെ പോയി നയിട്ട് നോക്കുമെന്നും അത്രമാത്രം അവരെ പിന്തുടരുന്ന അവരെ പിൻപറ്റുന്ന ഒരു അവസ്ഥ അന്ത്യപ്രവാചകൻ മുഹമ്മദ് അകന്നുപോയി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വിഷയങ്ങളും പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതേ ആ ഒരു മാതൃകയാണ് പല ആളുകൾക്കും സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊല്ലായ ചോദിച്ചു പ്രവാചകരെ ആരാണ് ൾ എന്തൊക്കെ മതത്തിന്റെ കാര്യത്തിൽ പുതിയതായ വിഷയങ്ങൾ ഉണ്ടാക്കിയോ അതിന് മുഴുവൻ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ കടന്നു വരുമെന്ന് അന്ത്യപ്രമാതകൻ്റ പഠിപ്പിച്ചു അതോടൊപ്പം മുസ്ലിം ഇങ്ങനെ അവരുടെ സംസ്കാരത്തിലേക്കും അവരുടെ ആചാരത്തിലേക്കും അവരുടെ അനുഷ്ഠാന കർമ്മങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുക എന്നത് ഏതു കാലഘട്ടങ്ങളിലും അവരുടെ പിൻപറ്റുന്നത് പോലെ അവർ താങ്കളെ സംബന്ധിച്ച് തൃപ്തി അടയില്ല ുംലിക്കും ഒരു രക്ഷാധികാരിയെയോ ഒരു സഹായിയോ താങ്കൾക്ക് ലഭ്യമാവുകയില്ല തന്നെ എന്ന് പുറം ഉൾപ്പെടുത്തി അപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ് പഠിപ്പിക്കാത്തത് ആ അത് പ്രചരിപ്പിക്കുക മാതൃക കാണിക്കാത്ത വിഷയങ്ങൾ മതത്തിന്റെ ലേവറൊട്ടിച്ചുകൊണ്ട് പൊതുജനസമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാത്തതും സമ്പ്രദായമാണ് അത് ആരിലേക്ക് കടന്നു വരും എന്റെ സമ്പ്രദായത്തിലേക്ക് കടന്നു വരും ഏതുവരെ ഒരു അങ്ങനെ എന്ന ധാരണയിലാണോ മുസ്ലിങ്ങളിലെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സുന്ദരമായ പ്രഭാസ് അലൈഹി മാതൃകയുണ്ട് എല്ലാ രംഗത്തും ഉണ്ട് മാതൃകൊണ്ട് വരേണ്ടതില്ലാമ ജീവിച്ച ആ കാലഘട്ടത്തിൽ നബ്സലാമയെ കണ്ടു വളർന്ന ആ സ്വാപത്ത് അവർക്ക് പരിചയമില്ലാത്ത സമ്പ്രദായം ആ രംഗത്തിലുള്ള ഒരു സ്നേഹപഠനം പ്രഭാസ് അലൈഹി എന്നതാണ് എന്നാൽ ഒരു പ്രത്യേക മാസം ഒരു പ്രത്യേക കാലയളവ് അവിടെ മാത്രം തങ്ങി നിൽക്കേണ്ട ആ കാലയളവിൽ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല പ്രവാചക സ്നേഹം കടന്നു വരുമ്പോളുടെ മനസ്സിൽ ആഹ്ലാദവും ആനന്ദ എന്താണ് പ്രവാചക സങ്കഞ്ചിച്ചു ആ മാസത്തിൽ ഒരു ദിവസം ആ ദിവസത്തിനൊരു പ്രത്യേകത അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങൾക്ക് പ്രത്യേകത ആ മാസത്തിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് മുമ്പൊക്കെ ഇല്ലാത്ത ആവേശത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും ചില ചടങ്ങുകളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും കടത്തിക്കൊണ്ട് വന്ന് അത് വളരെ ആവേശപൂർവം ആനന്ദപൂർവ്വം കൊണ്ടാകുന്നു പ്രവാചക സ്നേഹമായി എന്നതാണ് പോലെ ആളുകളുടെയും ധാരണ ഇല്ല അത് പ്രവാചക സ്നേഹമല്ല എന്തുകൊണ്ട് അത് പ്രവാചക സ്നേഹമല്ല ാണ് എന്ന പേരിൽ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അത് പ്രവാചകനോടുള്ള അത് പ്രവാചകനോടുള്ള നന്ദികളാണ് കാരണം തന്റെ മുമ്പിലുള്ള അനുചരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് വെച്ച് ചെറുതും വലുതുമായ സകല ചെയ്തികളും സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന വിശദീകരിച്ചു കഴിഞ്ഞു അതിലെവിടെയും പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാണ് പ്രവാചകൻ ജനിച്ച വാസമാണ് അതുകൊണ്ട് അന്ന് പ്രത്യേകമായ ഒരു ആവേശവും ആനന്ദവും ആളാതും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അത് പറയാതെ അത് പഠിപ്പിക്കാതെ നമ്മൾ അത് ആചരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ അനുചരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ്ഞ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദീനിൽ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ഇല്ല പ്രവാചകൻ ദീന് പൂർത്തിയാക്കാതെയാണോ ഇവിടെ മരണപ്പെട്ടു പോയത് അല്ല എല്ലാം പഠിപ്പിച്ചു ആ പഠിപ്പിച്ചതിൽ പ്രവാചകന്റെ ജന്മദിനമില്ല സ്വാമികൾക്ക് പരിചയമില്ല അവർ കണ്ടിട്ടില്ല അവർ ആചരിച്ചിട്ടില്ല ഇസ്ലാമിക സാമ്രാജ്യം മുപ്പത് കൊല്ലക്കാലം ഖരീഫമാർ മാറി മാറി വരിച്ചു നബിഅലമയുടെ കൂടെ പിന്നെ സൗത്ത് ആലൈസ് തലങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നപ്പോൾ എഴുന്നേറ്റ് അത്രയും സഹിച്ച് ഒരു കടി സഹിച്ച് തന്റെ മടിത്തട്ടിൽ അന്ത്യ പ്രവാചകൻ എന്ന് കരുതി ശരീരം കാത്തുനിന്ന് അവസാനം വേദന കൊണ്ട് പടഞ്ഞ് ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നപ്പോഴാണ് പ്രവാചകൻ സല്ലിസ്ലാം അറിയുന്നത് ആ അഭൂപക്രതയല്ല ഒന്ന് അർത്ഥ സലീഫയായപ്പോൾ ുംരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ തലയാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞു പത്ത് കൊല്ലക്കാലവും ഏതാനും മാസവും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ചെങ്കോലി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഭരണകാലഘട്ടത്തിൽ പത്തു റവിയോലകൾ കഴിഞ്ഞു പോയി ഇല്ല അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല അദ്ദേഹം ആഘോഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാവരും ഒന്നും വരി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ജനിച്ച ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരു വിക് നമുക്ക് നിർവഹിക്കാം എന്ന് പ്രവാചകൻ സല്ലിം അല്ല ഔമർദേശിച്ചിട്ടില്ല ശേഷം തന്റെ പ്രിയപ്പെട്ട രണ്ടു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന പേരിന് ആ പേര് കിട്ടപ്പെട്ടു നടത്തി അപ്പോഴും പ്രമേല കടന്നുപോയി ആഘോഷിച്ചിട്ടില്ല ശത്രുക്കൾ വീടിനെ വരയം ചെയ്തുകൊണ്ട് ശത്രുക്കളുടെ ഇടയിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു കൂടി മണ്ണെടുത്ത് വാരി അറിഞ്ഞ് കിടക്കപ്പായൽ കിടക്കാൻ ആവശ്യപ്പെട്ട് ആ ദൗത്യം തന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി ജന്നാവു ഭരണമേറ്റെടുത്തു ഇസ്ലാമിക നിർവഹിച്ചു ഇല്ല തന്റെ പ്രിയപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അലി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ അതിന്റെ ഭാഗമായി അദ്ദേഹം ഭാര്യയോട് പിണങ്ങി പള്ളിയിൽ പോയി കിടക്കുമ്പോൾ വിവരം അന്വേഷിച്ചു വരുന്നു അലിറൽ നേതാവനെ കാണുന്നില്ല അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പിണക്കമാണ് എന്ന് അറിഞ്ഞു അദ്ദേഹിം അന്വേഷിച്ചു പോയി പള്ളിയിൽ മുഖം ചേർത്ത് മണ്ണിനോട് മുഖം ചേർത്ത് തട്ടവും മുഖത്തേക്ക് മറച്ചു വെച്ചുകൊണ്ട് മണ്ണിൽ ചേർന്ന് കിടക്കുന്ന പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു പേരുണ്ട് എന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് എന്നെ വിളിച്ച പേര് അന്ത്യപ്രമാചകൻ വിളിച്ച പേര് ും എന്തുകൊണ്ട് അത് പഠിപ്പിച്ചിട്ടില്ല അനുചരന്മാർക്ക് എന്ന് പറയുന്നതിന് തുല്യമാണത് യാതുകൊണ്ട് ആ വിഷയത്തെ നാം കാണേണ്ടത് ഗൗരവത്തിലാണ് ആ വിഷയത്തെ നാം നോക്കിക്കാണേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം മറ്റൊരു മുഖമുണ്ട് അതെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തൊരവസ്ഥ എന്താണ് ഹിതായത്ത് വിശുദ്ധ പ്രധാനമാണ് ഒന്നാമത്തെ ഹിതായത്ത് യുടെ വാക്ക് അംഗീകാരം ഇത് മൂന്നും ചേർന്ന പ്രവാചകന്റെ ജീവിത ശരിയാകുന്ന നിർദ്ദേശത്തിനനുസൃതമായി പ്രഭാത പഠിപ്പിച്ച കാര്യങ്ങളാണ് െ യോജിക്കാത്തതാവട്ടെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാവട്ടെ കഴിയാത്തതാവട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ െല്ലോ അത് ശീലിക്കുക എന്നതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഇസ്രായേലിനെ സംബന്ധിച്ച് മഹരാജിനെ സംബന്ധിച്ച് നമുക്കറിയാം നാം ഏറെ കേട്ടിട്ടുണ്ടോ നമുക്കറിയാവുന്ന ചരിത്ര സംഭവമാണ് അരിവിൽ വന്നുകൊണ്ട് കുറേ പ്രമുഖരായ ചില ആളുകളും ഓർമ്മപ്പെടുത്തിയ കൂട്ടുകാരന് പുതിയ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്താ ഒറ്റ രാത്രി കൊണ്ട് പരിഹാസം കലർന്ന വാക്കുകൾ ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് മദ്യുദ്ദ മസ്ജിദ് യാത്ര പോവുകയും ആകാശാരോഹണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്ത ഇത് വാക്ക് എന്താ എന്താണ് ആ വാക്ക് ഓർക്കണം വിശ്വാസികളെന്ന നിലയിൽ നാം ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണ് ആകാശലോകത്തിൽ നിന്ന് വിശുദ്ധ പ്രാൻ ഇറങ്ങി വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചോടത്തോളം നബ്സൽ അള്ളാസ്ലം ഒറ്റ രാത്രി കൊണ്ട് അവിടെ പോയി തിരിച്ചു വന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമില്ല ഇവര് പ്രതീക്ഷിച്ച മറുപടി അല്ല ലഭിച്ചത് ഇവർ പ്രതീക്ഷിച്ച മറുപടി അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ട മറുപടി അങ്ങനെയാണ് ഹദീസ് സൈ ആണോ എങ്കിൽ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു ആ ഹദീസിന്റെ സനത് കൃത്യമാണോ എങ്കിൽ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ യഥാർത്ഥ പ്രവാചക സ്ത്രീയുടെ ലക്ഷണം എന്നത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഏതു കാലഘട്ടത്തിലും ഉള്ളതുപോലെ തന്നെ പുതിയ ചടങ്ങുകളും പുതിയ ആചാരങ്ങളും കടന്നു വരുന്നത് പോലെ പുതിയ ചിന്താരീതികൾ ബുദ്ധിക്ക് യോജിക്കാത്ത ശാസ്ത്രത്തിന് യോജിക്കാത്ത യുക്തിക്ക് നിരക്കാത്ത കാലഘട്ടത്തിൽ ും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഉതകുന്ന രൂപത്തിലുള്ള എനിക്ക് അവന്റെ കട്ടിലിരുന്നുണ്ട് എപ്പോഴും സ്വീകരിക്കാം അതൊക്കെ ഹദീസല്ല ഹദീസൊക്കെ പിൽക്കാലത്ത് പല ആൾക്കാർ കെട്ടിണ്ടാക്കിയ പല വർത്തമാനങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല അതൊന്നും യുക്തിക്ക് നിരക്കുന്നില്ല അതൊന്നും ശാസ്ത്രബോധത്തിനോട് ഒപ്പുന്നില്ല അതുകൊണ്ട് എന്തിനാ നമ്മുടെ നമ്മുടെ കയ്യിലെ ഖുർആാനുള്ളത് തെറ്റുപറ്റാത്ത ഖുർ കയ്യിലുള്ളപ്പോ എന്തിനു നമ്മൾ അതീസിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആാൻ ഹലാലാക്കിയതിനെ ഹലാലാക്കുകയും ഖുർആാൻ ഹറാവാക്കിയതിനെ ഹറാവാക്കുകയും ചെയ്താൽ മതിയെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ജനത നിങ്ങൾക്ക് എന്റെ കാലശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അന്ത്യപ്രവാചൻ ൾക്കപ്പുറം പ്രവചിച്ചു വെച്ചിട്ടുണ്ട് അതീതിന്റെ നാളുകളിൽ അത് രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചിന്താധാരങ്ങൾ അവർ പറയുന്നു നമ്മള് അങ്ങനൊന്നും നോക്കേണ്ടതിരില്ല അതൊക്കെ ഒഴിവാക്കുക എങ്ങനെ നമ്മൾ അതിലേക്കൊക്കെ പോകേണ്ടത് എന്നാൽ ഖർ പറഞ്ഞതെന്താടിസ്ഥാനത്തിൽ ാണ് പറഞ്ഞത്യസമ്പൂർ സ്ഥിരപ്പെട്ട് അതിന്റെ കല്ലും നെല്ലും വേർതിരിച്ച് അതിന്റെ ഉറപ്പും അതിന്റെ ശിഹത്തും അതിന്റെ സ്വീകാര്യതയും അസ്വകാര്യതയും വേർതിരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങൾ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇത് യോജിക്കുന്നതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി കാലഘട്ടത്തിനാൽ ിൽ ചില ഉപമകൾ പറഞ്ഞു ആവശ്യം എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം എന്താ അങ്ങനെ കത്തിയത് അങ്ങനെ ഉണ്ടാവു എന്ത് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ വിശ്വാസികളുടെ നിലപാട് ുംവിശ്വാ ിൽ വന്നിട്ടുണ്ടോ എന്നതാണ് പിന്നെ പറയാത്തത് ചെയ്യുക എന്നത് പോലെ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ അവഗണിക്കുക മാറ്റി നോക്കുക എന്നതും നാം മനസ്സിലാക്കി വെക്കേണ്ട സുപ്രധാനമായ വിഷയമാണ് അതുകൊണ്ട് നമുക്കത് വേണ്ട വേണ്ടാത്തത് പഠിപ്പിക്കാത്തത് നമ്മൾ പുതുതായി കൊണ്ടുവരേണ്ടതില്ല പഠിപ്പിച്ചതൊന്നും തന്നെ വിട്ടുകളയേണ്ടതും ഇല്ല ഒഴിവാക്കേണ്ടതും കൃത്യമായ കണിശമായ നിലപാടാണ് വിശ്വാസികളെന്ന നിലയിൽ മരണാനന്തര ജീവിതത്തിന്റെ ലക്ഷ്യം വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകൾ എന്ന നിലയിൽ ആ ഒരു സമീപനം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം ശ്രമിക്കുക ശ്രദ്ധിക്കുക നാദിനെ നമുക്ക് തോഫിക്ക് നൽകിയ കാരണപ്പെട്ടി ദുബായിയൊരു വീടി ഫഎന്ന ബിസ്തെ ഖബിൽ സാനി ഖുർറന മിസ്ഖാതി ഖൽബി ദാലിക അഅറഫുൽ ഇമാൻ ബൈതൽ ഖൗമി ജീവനത്തിൽ എല്ലാമേലരെയും അല്ലാഹുവിന്റെ വിധിവലക്കുള്ള നാം പരദഷമ് പാരിചാർ സുകൃചിച്ച് ജീവണം ഇവർ പഠ යුතුය അബൂ സഅദ് ബി ഹുബൈബി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തം يقول െസ് അവൻ അതിനെതിരെ ശക്തിച്ചു കൊള്ളട്ടെ അതിനവരെ കഴിയില്ല എങ്കിൽ അവന്റെ ഹൃദയമുണ്ട് അതാണ് ഹൃദയം കൊണ്ടെങ്കിലും എന്നതാണ് ഈ മാത്രം ുർബലമായ ഘടകം എന്ന് അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെയും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് ഏതെങ്കിലും ചില ആളുകളിൽ മാത്രം ഉത്തരവാദപ്പെടുത്തപ്പെട്ട ഒരു വിഷയമല്ല പ്രബോധനം എന്നതോ ദോ നന്മ ഉപദേശിക്കുക ചില ആളുകൾ മാത്രം അതൊക്കെ ആർബി പഠിച്ചു വരുന്ന മൗലയമാരായിട്ടുള്ള അവസ്ഥന്മാരായിട്ടുള്ള ആളുകളെ നിർവഹിക്കേണ്ടതാണ് ഞമ്മക്ക് അങ്ങനത്തെ ഉത്തരവാദിത്വം ഞമ്മളങ്ങനെ പഠിച്ചിട്ടില്ല എന്നാൽ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് അറിയിക്കുക അതിന് വിരുദ്ധമായി ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അരുതേ എന്തും പറയുക നമ്മുടെ കുടുംബത്തിലാണോ നമുക്ക് തടയാൻ കഴിയും ഇനി നമ്മുടെ കുടുംബത്തിലല്ല നമ്മുടെ അയൽപക്കത്താണോ നമ്മൾ അറിയുന്നവരാണോ നമ്മളെ അറിയുന്നവരാണോ നമുക്ക് അവരോട് ഉപദേശിക്കാമല്ലോ സ്ത്രീധനമായി ഒരു ചെറുപ്പക്കാരനെ നമുക്ക് അവരോട് ഇത് തെറ്റായ ഒരു സമ്പ്രദായമാണ് സിനിമയുടെ ശരിയോ മാതൃകയില്ലാത്ത ഒരു കാര്യമാണ് മാത്രവുമല്ല എന്തുകൊണ്ട് ആ സ്ത്രീധനം വാങ്ങിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ എങ്കിൽ അവിടെ മഹുരം നടക്കുന്നില്ല അതിൽ നിന്നും അമ്പത് പവൻ കണ്ടു തരുമ്പോൾ ഒരു അഞ്ച് പവൻ ആറ് കണ്ടു കൊടുത്താൽ സത്യത്തിൽ അവർക്ക് നാൽപ്പത്തഞ്ച് നഷ്ടം എന്നതല്ലാതെ ഇവിടെ മഹുരം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് ശരിയാവുകയില്ല മടങ്ങിക്കൊടുക്കണം ഇത് പറയാമല്ലോ ഇനി അതിന് നമുക്ക് കഴിയില്ല എങ്കിൽ നിന്റെ കല്യാണത്തിന് ഞാൻ വരുന്നില്ല എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയുമല്ലോ അതുമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഒരുക്കുകയെങ്കിലും ചെയ്യാമല്ലോ അത് അവർ വഴിയുമാണ് ഏറ്റവും ദുർബലമായി ഈ മാനിന്റെ ഒരു ലക്ഷണമാണ് എന്ന് പ്രമാൻ സാരി സിമ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് ഒത്തൊരുമയോടെ എല്ലാവരും ഒന്നിച്ച് ധാരാള പ്രവർത്തന മേഖലയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സന്ദേശത്തിന്റെ കൈമാറ്റം വാക്കുകളിൽ നിന്ന് നാവുകളിൽ നിന്ന് ചുണ്ടുകളിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്ന ഈ സത്യസന്ദേശം എല്ലാവരുടെയും പ്രകൃതി നൽകാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും കൂട്ടായി നിർവഹിക്കേണ്ടതാണ് ആ ഉത്തരവാദിത്ത നിർമ്മാണത്തിൽ െ അതിനുവേണ്ട ഈമായ കരുത്ത് അത് കേൾക്കും പ്രാധാന്യം ചെയ്യുമാറാകട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെ വിവരം മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ശൈല പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു അറിന്റെ മനത്തായ പതിൽ കൊണ്ട് വിട്ടുപോയി മാറട്ടെ വേറെ ഒരുപാട് ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുമാണ് അവർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവരുടെ രോഗമുണ്ടാകും അവരുടെ മരിച്ചു കൊടുക്കുന്ന മനുഷ്യപരമായ ആളുകൾക്ക് കടം വാങ്ങിയ ആളുകൾക്ക് മാറാവട്ടെ നമ്മുടെ മക്കൾ സ്വനീകളായ സന്താനങ്ങളായി ഏകദാകത്ത് കൺകുളിമയുള്ളവർ നാളെ അവരെ കൊണ്ട് നേട്ടം പോയി അവരെ വളർത്തിക്കൊണ്ടുവരുപാനും െ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും